രഹസ്യ സംഭാഷണങ്ങളിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടും പിന്നീട് തങ്ങൾ വിലക്കപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ മടങ്ങുകയും പാപത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും ദൂതനായ മുഹമ്മദ് ബിസല്ലാഹു അലിഹി വസ്ല്ലം ലും അനുസരണക്കേടിനെക്കുറിച്ചും രഹസ്യമായി സംസാരിക്കുകയും ചെയ്യുന്നവരെ നീ കണ്ടില്ലേ അവർ നിന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബഹാനഹൂവ ചായാല നിനക്ക് നൽകാൻ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അഭിവാദ്യങ്ങളാണ് അവർ നൽകുന്നത് അവർ തങ്ങളുടെ മനസ്സിൽ പറയുന്നു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു സുബഹാനഹൂവ ചായാല എന്തുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല അവർക്ക് ജഹന്നം മതി അവര അതിൽ പ്രവേശിക്കും എത്ര മോശമായ മടക്ക സ്ഥലമാണത്